അധ്യായം പതിനാറ് രമല്യാവിന്റെ മകനായ പേക്കഹിന്റെ പതിനേഴാം ആണ്ടിൽ യഹൂദ രാജാവായ യോധാമിന്റെ മകൻ ആഹാസ് രാജാവായി ആഹാസ് വാഴ്ച തുടങ്ങിയപ്പോൾ അവൻ ഇരുപതു വയസ്സായിരുന്നു അവൻ ഇരുശിലേമിൽ പതിനാറ് സംവത്സരം വാണു തന്റെ പിതാവായ ദാവിദ് ചെയ്തതുപോലെ തന്റെ ദൈവമായ യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തില്ല അവൻ ഇസ്രയേൽ രാജാക്കന്മാരുടെ വഴിയിൽ നടന്നു യഹോവ ഇസ്രയേൽ മക്കളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞ ജാതികളുടെ മിളച്ഛതകൾക്കൊത്തവണ്ണം തന്റെ മകനെ അഗ്നിപ്രവേശവും ചെയ്യിച്ചു അവൻ പൂജാഗിരികളിലും കുന്നുകളിലും പച്ചവൃക്ഷത്തിൻ കീഴിലൊക്കെയും ബലികഴിച്ചും ധൂപം കാട്ടിയും പോന്നു അക്കാലത്ത് അരാം രാജാവായ റെസീനും ഇസ്രായേൽ രാജാവായ രമല്യാവിന്റെ മകൻ പേക്കഹും യെരുശലമിന് നേരെ യുദ്ധത്തിന് പുറപ്പെട്ടുവന്ന് ആഹാസിനെ നിരോധിച്ചു എന്നാൽ അവനെ ജയിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല അന്ന് അരാം രാജാവായ രസീൻ ഏലത്ത് വീണ്ടെടുത്ത് അരാമിനോട് ചേർത്ത് യഹൂദന്മാരെ ഏലത്തിൽ നിന്ന് നീക്കിക്കളഞ്ഞു അരാമ്യർ ഏലത്തിൽ വന്ന് ഇന്നുവരെയും അവിടെ പാർക്കുന്നു ആഹാസ് അശൂർ രാജാവായ പിഗ്ലത്ത് പിലേസറിന്റെ അടുക്കൽ ൂതന്മാരെ അയച്ചു ഞാൻ നിന്റെ ദാസനും നിന്റെ പുത്രനും ആകുന്നു നീ വന്ന് എന്നോടെതിർത്തിരിക്കുന്ന അരാം രാജാവിന്റെ കൈയ്യിൽ നിന്നും ഇസ്രായേൽ രാജാവിന്റെ കൈയിൽ നിന്നും എന്നെ രക്ഷിക്കണമെന്ന് പറയിച്ചു അതിനായിട്ട് ആഹാസ് യഹോവയുടെ ആലയത്തിലും രാജധാനിയിലെ ഭണ്ണാരത്തിലും കണ്ട വെള്ളിയും പൊന്നും എടുത്ത് അശൂർ രാജാവിന് സമ്മാനമായി കൊടുത്തയച്ചു അശൂർ രാജാവ് അവന്റെ അപേക്ഷ കേട്ടു അശൂർ രാജാവ് ദമ്മേശിലേക്ക് ചെന്ന് അതിനെ പിടിച്ചു അതിലെ നിവാസികളെ കീരിലേക്ക് ബദ്ധരായി കൊണ്ടുപോയി രസീനെ കൊന്നുകളഞ്ഞു ആഹാസ് രാജാവ് അശൂർ രാജാവായ തിഗ്ലത്ത് പിലേസറിനെ എതിരേൽപ്പാൻ ചെന്നു ദമ്മേശക്കിലെ ബലിപീഠം കണ്ടു ആഹാസ് രാജാവ് ബലിപീഠത്തിന്റെ ഒരു പ്രതിമയും അതിന്റെ എല്ലാ പണിയോടും കൂടിയുള്ള മാതൃകയും ആഹാസ് രാജാവ് ദമ്മേശ്വക്കിൽ നിന്ന് അയച്ചപ്രകാരമൊക്കെയും ആഹാസ് രാജാവ് ദമ്മേശക്കിൽ നിന്ന് വരുമ്പോഴേക്ക് ഊര്യാ പുരോഹിതൻ അത് പണിതിരുന്നു രാജാവ് ദമ്മേശക്കിൽ നിന്ന് വന്നപ്പോൾ ആ യാഗപീഠം കണ്ടു രാജാവ് യാഗപീഠത്തെങ്കിൽ ചെന്ന് അതിന്മേൽ കയറി ഹോമയാഗവും ഭോജനയാഗവും ദഹിപ്പിച്ച് പാനീയയാഗവും പകർന്ന് സമാധാനയാഗങ്ങളുടെ രക്തവും യാഗപീഠത്തിന്മേൽ തളിച്ചു യഹോവയുടെ സന്നിധിയിലെ താമ്രയാഗപീഠം അവൻ ആലയത്തിന്റെ മുൻവശത്ത് തന്റെ യാഗപീഠത്തിനും യഹോവയുടെ ആലയത്തിനും മധ്യയിൽ നിന്ന് നീക്കി തന്റെ യാഗപീഠത്തിന്റെ വടക്കുവശത്ത് കൊണ്ടുപോയി വെച്ചു ആഹാസരാജാവ് പൂര്യ പുരോഹിതനോട് കൽപ്പിച്ചത് മഹായാഗപീഠത്തിന്മേൽ നീ രാവിലത്തെ ഹോമയാകൂ വൈകുന്നേരത്തെ ഭോജനയാകൂ രാജാവിന്റെ ഹോമയാകൂനയാകൂ ദേശത്തെ സകല ജനത്തിന്റെയും ഹോമയാകൂ ഭോജനയാകൂ ദഹിപ്പിക്കുകയും അവരുടെ പാനീയയാഗങ്ങൾ കഴിക്കുകയും ഹോമയാഗങ്ങളുടെയും ഹനനയാഗങ്ങളുടെയും രക്തമൊക്കെയും തളിക്കുകയും ചെയ്യണം താമ്രയാഗപീഠത്തെ പറ്റിയോ ഞാൻ ആലോചിച്ചുകൊള്ളാം ആഹാസരാജാവ് കൽപ്പിച്ചതുപോലെയൊക്കെയും ഊര്യാ പുരോഹിതൻ ചെയ്തു ആഹാസരാജാവ് പീഠങ്ങളുടെ ചട്ടപ്പലക കണ്ടിച്ച് തൊട്ടിയെ അവയുടെ മേൽ നിന്ന് നീക്കി താമ്രക്കടലിനെയും അതിന്റെ കീഴെ നിന്ന താമ്രക്കാളപ്പുറത്ത് നിന്ന് ഇറക്കി ഒരു കൽത്തളത്തിന്മേൽ വെച്ചു ആലയത്തിങ്കൽ ഉണ്ടാക്കിയിരുന്ന ശബത്ത് താഴ്വാരവും രാജാവിന് പ്രവേശിപ്പാനുള്ള പുറത്തെ നടയിൽ അശൂർ രാജാവിനെ വിചാരിച്ച് യഹോവയുടെ ആലയത്തിങ്കിൽ നിന്ന് മാറ്റിക്കളഞ്ഞു ആഹാസ് ചെയ്ത മറ്റുള്ള വൃത്താന്തങ്ങൾ യഹൂദ രാജാക്കന്മാരുടെ വൃത്താന്ത എഴുതിയിരിക്കുന്നുവല്ലോ ആഹാസ് തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു ദാവിദിന്റെ നഗരത്തിൽ അവന്റെ പിതാക്കന്മാരുടെ അടുക്കൽ അവനെ അടക്കം ചെയ്തു അവന്റെ മകൻ ഹിസ്കിയാവോ അവന് പകരം രാജാവായി